അധ്യായം രണ്ട് ഇസ്രയേലിന്റെ പുത്രന്മാരാവിത് രൂബൻ ഷിമയോൻ ലേവി യഹൂദ ഇസാർ സെബുലൂൻ ദാൻ യോസെഫ് ബെന്യാമിൻ നഫ്താലി ഖാദ് ആഷർ യഹൂദയുടെ പുത്രന്മാർ യേർ ഓനാൻ ഷേല ഇവർ മൂവരും കനാന്യസ്ത്രീയായ ബക്സ്റ്റുവേയിൽ നിന്ന് അവന് ജനിച്ചു യഹൂദയുടെ ആദ്യജാതനായ്ക്ക് അനിഷ്ടനായിരുന്നതുകൊണ്ട് അവനവനെ കൊന്നു അവന്റെ മരുമകൾ താമാർ അവന് പേരസിനെയും പ്രസവിച്ചു യഹൂദയുടെ പുത്രന്മാർ ആകെ അഞ്ചു പേർ പേരസിന്റെ പുത്രന്മാർ ഹെസ്റോൻ ഹാമൂൽ സേരഹിന്റെ പുത്രന്മാർ സിംറി യേഥാൻ ഹേമാൻ കൽക്കോൽ ഇങ്ങനെ അഞ്ചു പേർ കർമ്മിയുടെ പുത്രന്മാർ ശബ്ദാർപ്പിത വസ്തുവിൽ അകൃത്യം ചെയ്തു ഇസ്രയേലിനെ കഷ്ടത്തിലാക്കിയ ആ ഖാൻ തന്നെ ഏഥാന്റെ പുത്രന്മാർ അസരിയാവോ ഹെസ്റോനെ ജനിച്ച പുത്രന്മാർ എഹ്മേൽ രാംബായി രാം അമീനദാബിനെ ജനിപ്പിച്ചു അമീനദാബ് യഹൂദ മക്കൾക്ക് പ്രഭുവായ നഹശോനെ ജനിപ്പിച്ചു നഹസോൻ ശൽമയെ ജനിപ്പിച്ചു ശൽമ ബോവസിനെ ജനിപ്പിച്ചു ബോവസ് ഓബേദിനെ ജനിപ്പിച്ചു ഓബേദ് ഇഷായിയെ ജനിപ്പിച്ചു ഇഷായി തന്റെ ആദ്യജാതൻ ഏലിയാബിനെയും രണ്ടാമൻ അഭിനാദാബിനെയും മൂന്നാമൻ ഷിമയെയും നാലാമൻ നഥനേലിനെയും അഞ്ചാമൻ രദ്ദായിയേയും ആറാമൻ ഒസേമിനെയും ഏഴാമൻ ദാവീദിനെയും ജനിപ്പിച്ചു അവരുടെ സഹോദരിമാർ സെരൂയയും അബിഗയിലുമായിരുന്നു സെരൂയയുടെ പുത്രന്മാർ അബിഷായി യോവാബ് അസാഹേൽ ഇങ്ങനെ മൂന്ന് പേർ അബിഗയിൽ അമാസയെ പ്രസവിച്ചു അമാസയുടെ അപ്പൻ ഇഷ്മേ ആയിരുന്നു ഹെസ്റോന്റെ മകൻ കാലേ തന്റെ ഭാര്യയായ അസൂബയിലും യരിയോത്തിലും മക്കളെ ജനിപ്പിച്ചു അവളുടെ പുത്രന്മാർ യേശർ ശോബാബ് അർദ്ദോ അസൂബ മരിച്ച ശേഷം കാലേബ് യഫ്രാത്തിനെ പരിഗ്രഹിച്ചു അവളവന് പ്രസവിച്ചു ഹൂർ ഊരിയെ ജനിപ്പിച്ചു ഊരി ബസലേലിനെ ജനിപ്പിച്ചു അതിന്റെ ശേഷം ഹെസ്റോൻ ഗിലയാദിന്റെ അപ്പനായ മഖീറിന്റെ മകളുടെ അടുക്കൽ ചെന്ന് അവളെ വിവാഹം ചെയ്തപ്പോൾ അവന് അറുപത് വയസ്സായിരുന്നു അവളവന് സെഗൂബിനെ പ്രസവിച്ചു സെഗൂ യായിരനെ ജനിപ്പിച്ചു അവന് ഗിലയാത്ത് ഇരുപത്തിമൂന്ന് പട്ടണം ഉണ്ടായിരുന്നു എന്നാൽ ഗശൂരും അരാമും യായിരന്റെ പട്ടണങ്ങളെയും കനാത്തിനെയും അതിന്റെ ഗ്രാമങ്ങളെയും ഇങ്ങനെ അറുപത് പട്ടണം അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചു ഇവരെല്ലാവരും ഗലയാദിന്റെ അപ്പനായ മാത്രൻമാരായിരുന്നു വെച്ച് മരിച്ച ശേഷം അവന് തെക്കോവയുടെ അപ്പനായ അഷൂരിനെ പ്രസവിച്ചു ഹെസറോന്റെ ആദ്യജാതായ പുത്രന്മാർ ആദ്യ ബൂന ഓരൻ മറ്റൊരു ഭാര്യ ഉണ്ടായിരുന്നു അവൾക്ക് അതാര എന്നു പേർ അവൾ ഓനാമിന്റെ അമ്മ യരക്മേലിന്റെ ആദ്യ ജാതനായ രാമന്റെ പുത്രന്മാർ മയസ് യാമീൻ ഏക്കർ ഓനാമിന്റെ പുത്രന്മാർ ശമ്മായി യാദ ശമ്മായിയുടെ പുത്രന്മാർ നാദാവ് അബീഷൂർ അബിഷൂരിന്റെ ഭാര്യയ്ക്ക് അബിഹയിൽ എന്നുപേർ അവൾ അവന് അഹ്ബാനെയും മോലീദിനെയും പ്രസവിച്ചു നാദാവിന്റെ പുത്രന്മാർ എന്നാൽ മക്കളില്ലാതെ മരിച്ചു അപ്പയീമന്റെ പുത്രന്മാർ ഇഷി ഇഷിയുടെ പുത്രന്മാർ ശേഷാൻ ശേഷാന്റെ പുത്രന്മാർ അഹ്ളയീം ഷമ്മായിയുടെ സഹോദരനായ യാദയുടെ പുത്രന്മാർ യേധർ യോനഥാൻ എന്നാൽ മക്കളില്ലാതെ മരിച്ചു യോനഅന്റെ പുത്രന്മാർ പേലത്ത് സാസ ഇവർമേലിന്റെ പുത്രന്മാർ ശേഷാന് പുത്രിമാരല്ലാതെ പുത്രന്മാർ ഇല്ലായിരുന്നു ശേഷാന് മിശ്രൈമ്യനായ ഒരു ഭൃത്യനുണ്ടായിരുന്നു അവന് യർഹ എന്നു പേർ ശേഷാൻ തന്റെ മകളെ തന്റെ ഭൃത്യനായർഹയ്ക്ക് ഭാര്യയായി കൊടുത്തു അവളവന് അധായിയെ പ്രസവിച്ചു അത്തായി നാഥാനെ ജനിപ്പിച്ചു നാഥാൻ സാബാദിനെ ജനിപ്പിച്ചു സാബാദ് എഫ്ലാലിനെ ജനിപ്പിച്ചു എഫ്ലാൽ ഒബേദിനെ ജനിപ്പിച്ചു ഒബേദ്നെ ജനിപ്പിച്ചു യേഹു അസരിയാവെ ജനിപ്പിച്ചു അസരിയാവ്സിനെ ജനിപ്പിച്ചു ഹേലസ് സിസ്മായി ഷല്ലൂമിനെ ജനിപ്പിച്ചു ഷല്ലൂം യക്കമ്യാവെ ജനിപ്പിച്ചു യക്കമ്യാവ് എലീഷാമയെ ജനിപ്പിച്ചു എറങ്മേലിന്റെ സഹോദരനായ കാലിബിന്റെ പുത്രന്മാർ അവന്റെ ആദ്യജാതനും സീഫിന്റെ അപ്പനുമായ മേഷ ഹെബ്രോന്റെ അപ്പനായ മാരേഷയുടെ പുത്രന്മാരും ഹെബ്രോന്റെ പുത്രന്മാർ കോരഹ് തപ്പുഹ് രേക്കം ഷേമ ഷേമ ോഹയാമിന്റെ അപ്പനായുമായി മകൻ മാവോൻ മാവോൻ ബെത്സൂറിന്റെ അപ്പനായിരുന്നു കാലബിന്റെ വെപ്പാട്ടിയായും മോസയെയും ഗാസേസിനെയും പ്രസവിച്ചു ഹാരാൻ ഗാസേസിനെ ജനിപ്പിച്ചു യാതയുടെ പുത്രമാർ രേഖം യോദ്ധ ഗ്രേലത്ത് കാലേബിന്റെ വെപ്പാട്ടിയായ മയക്കും പ്രസവിച്ചു അവൾ മദ്മന്നയുടെ അപ്പനായ മക്ബേനയുടെയും ദിബേയയുടെയും അപ്പനായ ശെവ എന്നിവരെയും പ്രസവിച്ചു കാലേബിന്റെ മകൾ അക്സ ആയിരുന്നു ഇവരത്ര കാലേബിന്റെ പുത്രന്മാർ എഫ്രാത്തയുടെ ആദ്യ ജാതനായ പുത്രന്മാർ കിരിയത് എയാരിമിന്റെ അപ്പനായ ശോബാൽ ബേത് ലഹേമിന്റെ അപ്പനായ ശൽമ ബേത് ഗാദേരിന്റെ അപ്പനായ ഹാരേഫ് കിരിയത് എയാരീമിന്റെ അപ്പനായ ശോബാലിന് പുത്രന്മാർ ഉണ്ടായിരുന്നു ഹാരോവെ മെന്നുഹോത്തിന്റെ പാതി കിരിയത് എയാരീമിന്റെ കുലങ്ങളാവിത് ഇത്രീയർ പൂത്യർ ഷുമത്യർ മിസ്രായർ ഇവരിൽ നിന്ന് സോരാത്യരും എസ്താവോല്യരും ഉത്ഭവിച്ചു ശൽമയുടെ പുത്രന്മാർ ബേത്ലഹേം നെതോഫാത്യർ അത്രോത് ബേ യോവാ മാനഹത്തിരിൽ പാതി സൂര്യർ യബസിൽ പാർത്തുവന്ന ശാസ്ത്രജ്ഞന്മാരുടെ കുലങ്ങളാവിത് തിരാത്യർ സിമയാത്യർ സുഖാത്യർ ഇവർ രേഖാ അപ്പനായ ഹമാത്തിൽ നിന്ന് ഉത്ഭവിച്ച കേന്യരാകുന്നു